അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്നിറങ്ങുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കും എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വരികയാണെങ്കിൽ എൻറെ മാർഗദർശനത്തെ പിന്തുടരുന്നവൻ വഴിപിഴക്കുകയില്ല കഷ്ടത്തിലാവുകയുമില്ല